നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിനെ സുബാനുഹുവറ്റായാലയെ സ്മരിക്കുക ആർക്കെങ്കിലും രണ്ടു ദിവസം കൊണ്ട് വേഗത്തിൽ മടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല വൈകി മടങ്ങുന്നവനും തെറ്റില്ല ഭയഭക്തിയുള്ളവർക്ക് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ നിങ്ങൾ അവനിലേക്ക് തന്നെ ഒരുമിച്ചു കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക